അധ്യായം പതിനെട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ലു പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലു പറയുന്നത് എന്ത് എന്നാണ് നിങ്ങൾ ഇനി ഇസ്രയേലിൽ ഒരു പഴഞ്ചൊല്ലു പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് സകല ദേഹികളും എനിക്കുള്ളവർ അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചുപറിക്കാതെ തന്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികളുടെ ചെയ്യാതെ കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ഠകനായിരുന്ന രക്തം ചുരുക അവയിലേതെങ്കിലും ചെയ്യുക ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക പൂജാഗിരികളിൽ വച്ച് ഭക്ഷണം കഴിക്കുക കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക പിടിച്ചുപറിക്ക പണയം മടക്കി കൊടുക്കാതിരിക്കുക വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക മിളച്ചത പ്രവർത്തിക്ക പലിശയ്ക്ക് കൊടുക്ക ലാഭം വാങ്ങുക എന്നീ വക അവൻ ജീവിച്ചിരിക്കുമോ അവൻ ജീവിച്ചിരിക്കുകയില്ല അവൻ ഈ മിളച്ചതകളൊക്കെയും ചെയ്തുവല്ലോ അവൻ മരിക്കും അവന്റെ രക്തം അവന്റെ മേൽ വരും എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ തന്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പർവ്വതങ്ങളിൽ വച്ച് ഭക്ഷണം കഴിക്കുക ഇസ്രയേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക ആരോടെങ്കിലും അന്യായം ചെയ്യുക പണയം കൈവശം വെച്ചുകൊണ്ടിരിക്കുക പിടിച്ചുപറിക്കുക എന്നീ വകയൊന്നും ചെയ്യാതെ വിശപ്പുള്ളവന് അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികെട്ട് ചെയ്യാതെ കൈ മടക്കിക്കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എന്റെ വിധികളെ നടത്തി എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ അപ്പന്റെ അകൃത്യനിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും അവന്റെ അപ്പനോ ക്രൂരപീഠനം ചെയ്തു സഹോദരനോട് പിടിച്ചുപറിച്ചു തന്റെ ജനത്തിന്റെ ഇടയിൽ കൊള്ളരുതാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് തന്റെ അകൃത്യത്താൽ മരിക്കും എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും പാപം ചെയ്യുന്ന ദേഹി മരിക്കും മകൻ അപ്പിർത്യം വഹിക്കേണ്ട അപ്പൻ മകന്റെ അകർത്യവും വഹിക്കേണ്ട നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത ഇരിക്കും എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടു തിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താൽപ്പര്യമുണ്ടോ അവൻ തന്റെ വഴികളെ വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താൽപ്പര്യമെന്ന് യഹോവയായ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികൾ പ്രവർത്തിച്ച് ദുഷ്ടം ചെയ്യുന്ന സകലമിളച്ഛതകളെയും പോലെ ചെയ്യുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ചെയ്ത നീതിയൊന്നും കണക്കിടുകയില്ല അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്നു പറയുന്നു ഇസ്രയേൽ ഗ്രഹമേ കെൾപ്പീൻ എന്റെ വഴി ചൊവ്വുള്ളതല്ലയോ നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ നീതിമാൻ തന്റെ നീതി വിട്ടു തിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അത് മരിക്കും അവൻ ചെയ്ത നീതികേട് നിമിത്തം തന്നെ അവൻ മരിക്കും ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടു തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ജീവനോടെ രക്ഷിക്കും അവനോർത്ത് താൻ ചെയ്ത അതിക്രമങ്ങളെയൊക്കെയും വിട്ടുതിരിയുന്നതുകൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും എന്നാൽ ഇസ്രയേൽ ഗ്രഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു ഇസ്രയേൽ ഗ്രഹമേ എന്റെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ അതുകൊണ്ട് ഇസ്രയേൽ ഗ്രഹമേ ഞാൻ നിങ്ങളിൽ ഓരോരുത്തനും അവനവന്റെ വഴിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനംതിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവേൻ നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവേൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരാത്മാവിനെയും സമ്പാദിച്ചു കൊള്ളേൻ ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ എന്തിന് മരിക്കുന്നു മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊൾവേ